സത്യനിഷേധികൾ പറഞ്ഞു ഖുർആൻ ഒരൊറ്റ തവണയായി അദ്ദേഹത്തിന് ഇറക്കിക്കിട്ടേണ്ടതില്ലേ നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കാനായിട്ടാണ് നാം അങ്ങനെ ചെയ്തത് നാം അതിനെ ക്രമമായി ഓതാൻ അനുയോജ്യമായ രീതിയിൽ അവതരിപ്പിച്ചു